നിങ്ങൾ അവരോട് കൽപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പുറപ്പെടുമായിരുന്നു എന്ന് അവർ അള്ളാഹു സുബഹാനഹുവത്ത് ആലായുടെ നാമത്തിൽ ശക്തമായി സത്യം ചെയ്തു പറയുക നിങ്ങൾ സത്യം ചെയ്യേണ്ടതില്ല മാന്യമായ അനുസരണമാണ് വേണ്ടത് തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുസുബാനഹുവാല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു